ം മൂന്ന് ഇസ്രയേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച സർവ വംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുമോ ഒന്നും പിടിപ്പെടാതെ കണി നിലത്തുനിന്ന് പൊങ്ങുമോ നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല സിംഹം ഗർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും യഹോവയായ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും ശമരിയാ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവീനെന്ന് അസ്തോദിലെ അരമനകളിന്മേലും മിശ്രൈൻ ദേശത്തിലെ അരമനകളിന്മേലും ഘോഷിച്ചു പറവീൻ തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും ്ക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ദേശത്തിനു ചുറ്റും ഒരു വൈരി അവൻ നിന്റെ ഉറപ്പ് നിങ്ങൾ നിന്ന് താഴ്ത്തിക്കളയും നിന്റെ അരമനകൾ കൊള്ളയായിത്തീരും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നതുപോലെ ശമരിയയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രയേൽ മക്കൾ വിടുവിക്കപ്പെടും നിങ്ങൾ കേട്ട് യാക്കോപഗ്രഹത്തോട് സാക്ഷീകരിപ്പീനെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ ഇസ്രയേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്തു വീഴുവാൻ തക്കവണ്ണം ഞാൻ ബേത്തേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും ഞാൻ ഹേമന്ത ഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ ദന്തഭവനങ്ങൾ നശിച്ചു പല വീടുകളും മുടിഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്